യൂണിറ്റ് നയൻറ്റീൻ ലെസൺ സിക്സ്റ്റി ഫോർ ലിസൺ ഉള്ളി അദ്ദേഹം സമാധാനത്തോട് മരിക്കുമായിരുന്നു ഞാൻ എത്ര നേരമായി എന്നോ ചേട്ടനെ കാത്ത് വിടെ ഇരിക്കുന്നു ഞാൻ എവിടെ പോയിരിക്കുന്നുവെന്ന് നിന്നോട് ആരും പറഞ്ഞില്ലേ പുറത്തേക്ക് പോയിരിക്കുന്നു എപ്പോൾ വരുമെന്നറിയില്ല എന്ന് ശാലിനി പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞിരുന്നത് കാരണം ചേട്ടൻ ദൂരെ അങ്ങനെ പോയിരിക്കില്ല എന്നുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു അത് പുത്തൻ വീട്ടിലെ രാമണി പറ്റി കേട്ടിട്ടില്ലേ അദ്ദേഹം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മരിച്ചുപോയി ഇന്ന് അതിരാവിലെ ആയിരുന്നു ശവദാഹവും ഞാൻ അവിടം വരെ ഒന്ന് പോയിരുന്നു ദിവാകരൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ ധൃതി പിടിച്ചു വന്നത് തൊഴിലാളി നേതാവ് ദാമോദരന്റെ അച്ഛനല്ലേ അദ്ദേഹം അതെ അതെ അദ്ദേഹത്തിന്റെ ഒരു തീരാ ദുഃഖമായിരുന്നു അവൻ എന്തായിരുന്നു അദ്ദേഹത്തിന് അസുഖം തൊണ്ടയ്ക്ക് ക്യാൻസർ കഴിഞ്ഞ കുറേ മാസങ്ങളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവസാനം ഡോക്ടർമാർ പോലും കൈവിട്ടപ്പോൾ ഇങ്ങ് കൊണ്ടുവന്നു അറുപത് അത്ര വയസ്സായി എന്ന് പോലും കണ്ടാൽ തോന്നില്ലായിരുന്നു വെല്ലൂരോ ബോംബയിലോ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു ഇപ്പോൾ ചില ക്യാൻസറുകൾ ശസ്ത്രക്രിയകൾ കൊണ്ട് ഭേദപ്പെടുത്താൻ പോലും അതൊക്കെ ശരി തന്നെ പക്ഷെ ആരാ അതൊക്കെ ചെയ്യേണ്ടത് തൊഴിലാളി നന്മ നോക്കാനെ ദാമോദര സമയം കാണു അവന്റെ അനിയത്തിക്ക് ഒരു ചെറിയ പണി ഉള്ളത് ആ കുടുംബം തന്നെ കഴിഞ്ഞു പോന്നത് അവൾ തനിക്കാവുന്നതൊക്കെ ചെയ്തു പക്ഷെ വിധിയെ കീഴടക്കാൻ പറ്റില്ലല്ലോ ദാമോദരൻ അവന്റെ കടമ അനിയത്തിയുടെ കാര്യത്തിലെങ്കിലും നിറവേറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം സമാധാനത്തോടെ മരിക്കുമായിരുന്നു അതിനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഞാൻ എത്ര നേരമായിരുന്നോ ചേട്ടനെ കാത്തുവിടെ ഇരിക്കുന്നു ഞാൻ എത്ര നേരമായിന്നോ ചേട്ടനെക്കാത്ത ഇവിടെ ഇരിക്കുന്നു ഞാൻ എവിടെ പോയിരിക്കുന്നുവെന്ന് നിന്നോട് ആരും പറഞ്ഞില്ലേ ഞാൻ എവിടെ പോയിരിക്കുന്നുവെന്ന് നിന്നോട് ആരും പറഞ്ഞില്ലേ പുറത്തേക്ക് പോയിരിക്കുന്നു പുറത്തേക്ക് പോയിരിക്കുന്നു എപ്പോൾ വരുമെന്ന് അറിയില്ല എന്ന് ശാലിനി പറഞ്ഞു എപ്പോൾ വരുമെന്നറിയില്ല എന്ന് ശാലിനി പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞിരുന്നത് കാരണം എന്നോട് വരാൻ പറഞ്ഞിരുന്നത് കാരണം ചേട്ടൻ ദൂരെയെങ്ങും പോയിരിക്കില്ല എന്നുറപ്പുണ്ടായിരുന്നു ചേട്ടൻ ദൂരെയെങ്ങും പോയിരിക്കില്ല എന്നുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു അത് നന്നായി അത് നന്നായി പുത്തൻ വീട്ടിലെ രാമുണിമേനെ പറ്റി കേട്ടിട്ടില്ലേ പുത്തൻ വീട്ടിലെ രാമുണിമേനെ പറ്റി കേട്ടിട്ടില്ലേ അദ്ദേഹം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മരിച്ചു അദ്ദേഹം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മരിച്ചു പോയി ഇന്ന് അതിരാവിലെ ആയിരുന്നു ശവദാഹം ഇന്ന് അതിരാവിലെ ആയിരുന്ന ശവദാഹം ഞാൻ അവിടം വരെ ഒന്ന് പോയിരുന്നു ഞാൻ അവിടം വരെ ഒന്ന് പോയിരുന്നു ദിവാകരൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ിവാകരൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതി തന്നെയാണ് ഞാൻ ധൃതി പിടിച്ചു വന്നത് തൊഴിലാളി നേതാവ് ദാമോദരന്റെ അച്ഛനല്ലേ അദ്ദേഹം അതെ അതെ അതെ അതെ അദ്ദേഹത്തിന്റെ ഒരു തീരാ ദുഃഖമായിരുന്നു അവൻ അദ്ദേഹത്തിന്റെ ഒരു തീരാ ദുഃഖമായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന് അസുഖം തൊണ്ടകി ക്യാൻസർ തൊണ്ടയ്ക്ക് ക്യാൻസർ കഴിഞ്ഞ കുറെ മാസങ്ങളായി കഴിഞ്ഞ കുറേ മാസങ്ങളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവസാന ഡോക്ടർമാർ പോലും കൈവിട്ടപ്പോൾ അവസാന ഡോക്ടർമാർ പോലും കൈവിട്ടപ്പോൾ ഇങ്ങുകൊണ്ടുവന്നു ഇങ്ങു കൊണ്ടുവന്നു അറുപത് അറുപത് വയസ്സ് തികയുന്നേ ഉള്ളൂ അത്ര വയസ്സായി എന്ന് പോലും കണ്ടാൽ തോന്നില്ലായിരുന്നു അത്ര വയസ്സായി എന്ന് പോലും കണ്ടാൽ തോന്നില്ലായിരുന്നു വെല്ലൂരോ ബോംബയിലോ കൊണ്ടുപോയിരുന്നെങ്കിൽ വെല്ലൂരോ ബോംബെയിലോ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെടുമായിരുന്നു ഇപ്പോൾ ചില ക്യാൻസറുകൾ ഇപ്പോൾ ചില ക്യാൻസറുകൾ ശസ്ത്രക്രിയകൾ കൊണ്ട് ഭേദപ്പെടുത്താൻ പോലും ശസ്ത്രക്രിയകൾ കൊണ്ട് ഭേദപ്പെടുത്താൻ പോലും അതൊക്കെ ശരി തന്നെ അതൊക്കെ ശരി തന്നെ പക്ഷേ ആരാ അതൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ആരാ അതൊക്കെ ചെയ്യേണ്ടത് തൊഴിലാളി നന്മ നോക്കാൻ ദാമോദര സമയം കാണും തൊഴിലാളി നന്മ നോക്കാനെ ദാമോദരന് സമയം കാണൂ അവന്റെ അനിയത്തിക്ക് ഒരു ചെറിയ പണി ഉള്ളത് കൊണ്ടാണ് അവന്റെ അനിയത്തിക്ക് ഒരു ചെറിയ പണി ഉള്ളത് ആ കുടുംബം തന്നെ കഴിഞ്ഞു പോണത് ആ കുടുംബം തന്നെ കഴിഞ്ഞു പോകുന്നത് അവൾ തനിക്കാവുന്നതൊക്കെ ചെയ്തു അവൾ തനിക്കാവുന്നതൊക്കെ ചെയ്തു പക്ഷെ വിധിയെ കീഴടക്കാൻ പറ്റില്ലല്ലോ പക്ഷെ വിധിയെ കീഴടക്കാൻ പറ്റില്ലല്ലോ ദാമോദരൻ അവന്റെ കടമ ദാമോദരൻ അവന്റെ കടമ അനീതിയുടെ കാര്യത്തിലെങ്കിലും നിറവേറ്റിയിരുന്നെങ്കിൽ അനീതിയുടെ കാര്യത്തിലെങ്കിലും നിറവേറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം സമാധാനത്തോടെ മരിക്കുമായിരുന്നു അദ്ദേഹം സമാധാനത്തോടെ മരിക്കുമായിരുന്നു അതിനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതിനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല